അള്ളാഹു സുബഹാനഹുവ റ്റായാലയിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് യാതൊരു സംശയവും തോന്നാതിരിക്കുകയും അള്ളാഹു സുബഹാനഹുവ റ്റായാലയുടെ മാർഗ്ഗത്തിൽ തങ്ങളുടെ സമ്പത്തും ജീവനും സമർപ്പിച്ച് പോരാടുകയും ചെയ്തവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ അവരാണ് സത്യസന്ധർ